നിങ്ങൾക്ക് ഒരു വിപത്ത് സംഭവിച്ചപ്പോൾ നിങ്ങൾ അതിനേക്കാൾ ഇരട്ടി വിപത്ത് അവർക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നിട്ടും നിങ്ങൾ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു പറയുക അത് നിങ്ങളുടെ തന്നെ പ്രവൃത്തികൾ മൂലമാണ് തീർച്ചയായും അള്ളാഹു സുബാനഹുവത്തയാല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു